അവരിൽ നിന്ന് അള്ളാഹുസുബാനഹുവറ്റ ആല തന്റെ ദൂതന് നൽകിയ യുദ്ധമുതൽ നേടിയെടുക്കാൻ നിങ്ങൾ കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഓടിച്ചില്ല മറിച്ച് അള്ളാഹുസുബാനഹൂവറ്റ ആല താൻ ഉദ്ദേശിക്കുന്നവരുടെമേൽ തൻറെ ദൂതന്മാരെ ആധിപത്യപ്പെടുത്തുന്നു അള്ളാഹുസുബാനഹൂവറ്റ ആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്